നീ രാത്രിയെ പകലിനുള്ളിലാക്കുന്നു പകലിനെ രാത്രിക്കുള്ളിലാക്കുകയും ചെയ്യുന്നു ജീവനുള്ളതിനെ നീ മരിച്ചതിൽ നിന്നും മരിച്ചതിനെ ജീവനുള്ളതിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നീ ഉപജീവനം നൽകുകയും ചെയ്യുന്നു